മൂസ അലഹിസ്സലാമിന് മുപ്പത് രാത്രികൾ നാം നിശ്ചയിച്ചു പിന്നീട് പത്ത് രാത്രികൾ കൂടി അതിനോട് ചേർത്തു അങ്ങനെ അദ്ദേഹത്തിന്റെ രക്ഷിതാവായ അള്ളാഹുസുബാനഹുവലായുടെ നിശ്ചിത സമയം നാൽപ്പത് രാത്രികളായി പൂർത്തിയായി മൂസ അലഹിസ്സലാം തന്റെ സഹോദരൻ ഹാറൂൺ അലിഹിസലാമിനോട് പറഞ്ഞു എൻറെ ജനതയുടെ കാര്യത്തിൽ നീ എനിക്ക് പകരക്കാരനാവുക കാര്യങ്ങൾ ശരിയാക്കുക നാശമുണ്ടാക്കുന്നവരുടെ വഴി പിന്തുടരരുത്